രണ്ടുപേരെ നാം അവർക്ക് ദൂതന്മാരായി അയച്ചപ്പോൾ അവർ അവരെ നിഷേധിച്ചു പിന്നീട് മൂന്നാമതൊരാളുകൊണ്ട് നാം അവരെ ശക്തിപ്പെടുത്തി അപ്പോൾ അവർ പറഞ്ഞു തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കപ്പെട്ട ദൂതന്മാരാണ്